വിശാവാസ്യപരിഷത്ത് ഏഴാമത്തെ മന്ത്രമാണ് ചോദ്യമുണ്ട് അദ്വൈത ദർശനത്തിൽ ഗുരു കൃപക്ക് പ്രസക്തി ഉണ്ടോ അങ്ങനൊരു സംശയത്തിന്റെ വിഷയമേ അല്ല അദ്വൈത ദർശനത്തിൽ ഗുരുപയ്ക്ക് പ്രസക്തി ഉണ്ടെന്ന് വിശേഷിച്ച് പറയേണ്ട കാര്യമില്ല ആധ്യാത്മികമായ എല്ലാ മാർഗങ്ങളിലും ഗുരു കൃപ ഈശ്വര കൃപ അത് മുഖ്യമാണ് സ്വപ്രയത്നം കൊണ്ടല്ല ഗുരു കൃപ കൊണ്ടാണ് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഇത് അദ്ദേഹ ദർശനപ്രകാരം സമ്മതമാണ് അതും ശരിയാണ് സ്വപ്രയത്നം കൊണ്ടല്ല എന്ന് പറയുമ്പോ അത് സ്വപ്രയത്നം ആവശ്യമില്ല എന്ന് ധരിക്കാതിരുന്നാൽ മതി സ്വപ്രയത്നം കൊണ്ടല്ല എന്ന് പറയുമ്പോ സ്വപ്രയത്നം ആവശ്യമില്ല ഗുരുപകൃപ് ഗുരുകൃപൊണ്ട് സാക്ഷാത് സാക്ഷാത്കാർ ലഭിക്കുന്നു എന്ന് ധരിക്കാതിരുന്നാൽ മതി ഗുരു കൃപ എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമാണ് വശ്യമാണ് ഇതെല്ലാം അദ്വൈത ദർശനത്തിൽ സമ്മതം തന്നെ അദ്വൈതത്തിൽ ഗുരു ശിഷ്യൻ ഗുരു കൃപ ഇതിനെ ഒന്നിനെയും ഒരിടത്തും നിഷേധിക്കുന്നില്ല പിന്നെ ഗുരുണയോ ശിഷ്യ എന്നെല്ലാം പറയുന്നത് അദ്വൈത ബോധം അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതം ഉപദേശിക്കുന്ന ഗുരുവാണ് അദ്വൈതം മനസ്സിലാക്കണമെങ്കിലും ഗുരുവാണ് ഗുരുവിനെ നിഷേധിക്കുന്ന ഒരു ഭാഗം ഗുരു കൃപയെ നിഷേധിക്കുന്ന ഭാഗം ഒരിടത്തും അദ്വൈതത്തിലില്ല പിന്നെ അതിൽ വരുന്നത് ഗുരു കൃപ ഗുരുകാരുണ്യം എന്നെല്ലാം പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ധരിക്കുന്നത് അതതിന്റെ വാസ്തവമായിരിക്കണമെന്നില്ല നമ്മൾ ഗുരുക്കന്മാരിൽ ആരോപിക്കുന്ന ഭാഗങ്ങളൊന്നും ഗുരുക്കന്മാരുടെ വാസ്തവസ്ഥിതി ആയിരിക്കണമെന്നില്ല ആ ഭാഗങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ പൊതുവെ പറഞ്ഞു വരുന്ന ഗുരു കൃപ ഗുരു ഭാരണ്യെന്നെല്ലാം പറയുന്നതിന് ഇവിടെ ഒരിടത്തും നിഷേധിക്കുന്നുണ്ട് അത് പലപ്പോഴും സംഭവിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആണ് ഗുരുവിന്റെ യഥാർത്ഥ ഭാവം എന്ന് ധരിച്ചാൽ പലപ്പോഴും രസകര അങ്ങനെ ആകണമെന്നില്ല അതായത് അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് എളുപ്പമല്ല അടുത്ത ഏഴാമത്തെ മന്ത്രം ഇമം അർത്ഥം ഇമം ഏവ അർത്ഥം ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ അടുത്ത മന്ത്രവും പറയുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ വിഷയം ദുർഗ്രഹമാണ് അതുകൊണ്ട് പല രീതിയിൽ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു അതുകൊണ്ട് വീണ്ടും മന്ത്രം അല്ലെങ്കിൽ ഋഷി പറഞ്ഞ വിഷയത്തെ വീണ്ടും വിശദീകരിക്കണം എന്നാണ് അർത്ഥം യസ്വാണി ഭൂത വിജാനോ അനുപ്യത പദം തിരിച്ച് മനസ്സിലാക്കണം സർവാണി आत्मा ൂത്ത ആത്മാവേ അഭൂത്ത് വിജാന കനുപ്യത്യ യൻ സർവാ ഭൂത ആത്മൈവാജാനോ മോഹ ക അതിന്റെ ഭാഷ്യമാണർത് യൻ ഖ്യാനിക്കുന്നു യസ്മിൻ കാലി ഏതൊരു കാലത്തിലാണോ ഏതൊരു കാലം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ അവസ്ഥ വിദ്യാവസ്ഥ ഒരു ജീവന് രണ്ടാവസ്ഥയുണ്ട് വിദ്യാവസ്ഥയും വിദ്യാവസ്ഥയും വിദ്യാവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഏതൊരു കാലത്തിലാണോ അല്ലെങ്കിൽ അത് അങ്ങനെയും വ്യാഖ്യാനിക്കാം യഥോക്ത ആത്മനിവ ഈ പറഞ്ഞിരിക്കുന്ന ആത്മാവിൽ യഥോക്തമായ പൂർവോക്തമായ മുമ്പ് പറഞ്ഞ ആത്മാവിൽ ും മുമ്പുള്ളവവസ്തുക്കളും ആത്മാവ് അഭൂത് ആത്മാവായി തന്നെ തീർന്നു ഇവിടെ ഏതൊരാത്മാവിലാണോ എല്ലാ വസ്തുക്കളും ആത്മാവായി തീർന്നത് എന്ന് പറഞ്ഞാൽ പറയുന്നു പരമാർത്ഥ ആത്മദർശന പരമാർത്ഥ ആത്മാ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അതിന്റെ ദർശന ജ്ഞാനം കൊണ്ട് ആത്മാവ് പരമാർത്ഥത്തിൽ എന്താണ് താൻ പരമാർത്ഥത്തിൽ ആരാണ് എന്നുള്ള ജ്ഞാനം കൊണ്ട് സർവഭൂതങ്ങളും ഏതൊരാത്മാവിനാണോ താൻ തന്നെയായി മാറിയത് ആത്മാവ അഭൂ താൻ തന്നെയായി മാറി ആത്മാവ സമൃദ്ധ അതിന് ആത്മാവായി തന്നെ തീർന്നു തന്റെ സ്വരൂപമായി തന്നെ തീർന്നു സർവപ്രാണികളും തന്നിൽ നിന്ന് അന്യമായിട്ടും ഒന്നുമില്ല സർവാത്മഭാവം അങ്ങനെ ആയിത്തീർന്നാൽ സംവൃദ്ധ ആയി തീർന്നു എല്ലാം ആത്മാവായി തന്നെ തീർന്നു സർവത്തെയും താനായി തന്നെ കാണും തന്നെ തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ പരമാത്മ സ്വരൂപത്തിനും കാണും പരമാർത്ഥവസ്തു അങ്ങനെ അറിയുന്നത് കൊണ്ട് പരമാർത്ഥ വസ്തുജ്ഞാനം ഉള്ളത് കൊണ്ട് ഈശ്വരജ്ഞാനമുള്ളത് കൊണ്ട് തത്ര അതിനെ വ്യാഖ്യാനിക്കുന്നു തസ്മിൻ കാലേ ഇവിടെ പറഞ്ഞു യസ്മിൻ സർവാണി ഭൂതാണി ഏതൊരാത്മാവിലാണോ സർവഭൂതങ്ങളും ആത്മാവ അഭൂത് ആത്മാവായി തന്നെ തീർന്നത് താൻ തന്നെയായി മാറിയത് വിജാനത അങ്ങനെ അറിയുന്നവന് പരമാത്മ ബോധമുള്ളവന് ഈശ്വരഭാവമുള്ളവന് തത്ര തസ്മിൻകാലെ ആ അവസ്ഥയിൽ ആ വിദ്യാവസ്ഥയിൽ തത്രാത്മിനി അല്ലെങ്കിൽ ആ ആത്മ ശ്നങ്കേ തത്ര ആത്മനിവ രണ്ടുതരത്തിനും വ്യാഖ്യാനിക്കാം ആ പരമാത്മ സ്വരൂപത്തിൽ കോ മോഹ എന്ത് മോഹം കശോക എന്ത് ശോകം മോഹവും ശോകവും മോഹം അവിവേകം അതവിടെയില്ല ശോകുമില്ല ശോകം ദുഃഖം അതിന് കാരണം അവിവേകമെന്ന് വിവേകമില്ലായ്മയാണ് ദുഃഖത്തിന് കാരണം അവിവേകം കൊണ്ട് ദുഷ്പ്രവൃത്തി ഉണ്ടാകുന്നു ദുഷ്കർമ്മം പാപകർമ്മം പാപകർമ്മത്തിന്റെ ഫലമാണ് ശോകം ദുഃഖം അതാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാപകർമ്മങ്ങളുടെ ഫലമാണ് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനെ സംബന്ധിച്ചിടത്തോളം സർവവും ആത്മാവായി തന്നെ തീർന്നു സർവാത്മഭാവനയിലൂടെ സർവവും താൾ തന്നെയായി മാറി അവിടെ പിന്നെ അവിവേകമില്ല ഭേദബുദ്ധി അതാണ് ഇവിടുത്തെ അവിവേകം ആ ഭേദബുദ്ധി നശിച്ചു മോഹം നശിച്ചു അതുകൊണ്ട് ദുഃഖമില്ല എന്നാണ് അതിനെ വിശദീകരിക്കുന്നു ശോകശ മോഹസ്ഥ കാമകർമ്മബീജം അജാനത ഭവതി അജാനത അജ്ഞാനിക്കാണ് ഇത് സംഭവിക്കുന്നത് അറിവില്ലാത്തത് ആത്മബോധമില്ലാത്തവനാണെന്ന് വരുന്നത് ശോകവും മോഹവും സംഭവിക്കുന്നത് അവിവേകം അതുകൊണ്ടുണ്ടാകുന്ന ശോകങ്ങളല്ല ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് കാമകർമ്മം ഇത് കാമ കർമ്മങ്ങളാകുന്ന ബീജത്തോടുകൂടിയതാണ് കാമവും കർമ്മവുമാകുന്ന ബീജത്തോടു കൂടിയതാണ് കാമം ദുരാഗ്രഹം ദുരാഗ്രഹത്തിൽ കർമ്മം ഉണ്ടാകുന്നു പ്രവൃത്തി ഉണ്ടാകുന്നു ആ പ്രവൃത്തിയിൽ നിന്ന് ശോകമോഹങ്ങളുണ്ടാകുന്നു അതിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കാമകർമ്മങ്ങളാണ് സർവ്വശോകത്തിനും കാരണമായിരിക്കുന്നത് അതിവിടെ പ്രത്യേകിച്ചും പറയുന്നത് കർമ്മത്തെ കർമ്മങ്ങൾ ശോകത്തിന് കാരണമായിരിക്കുന്നു അത് മോഹമുള്ളവനെ കർമ്മം അനുഷ്ഠിക്കാനും കഴിയും ഭേദബുദ്ധിയാണ് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു താൻ കർത്താവാണ് തന്നെ പ്രവൃത്തി കൊണ്ട് ആ പ്രവൃത്തിക്ക് ഇങ്ങനെ ഉള്ള ഫലമുണ്ട് ഇത്തരത്തിലുള്ള ഭേദബുദ്ധി ആ ഭേദബുദ്ധി എനിക്ക് കർമ്മം ചെയ്യണം അതിന്റെ ഫലത്തെ നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം അത് ദുഃഖത്തിന് വഴിയുണ്ടാക്കണം കാമകർമ്മ ബീജമാണ് അത് നമുക്ക് തോന്നും അപ്പം നിഷ്കാമകർമ്മം നിഷ്കാമകർമ്മം എന്ന് കരുതി നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രവൃത്തികളിൽ പോലും കാമനയുണ്ട് ആഗ്രഹത്തോടു കൂടിയ ചെയ്യും നിഷ്കാമം പറയുന്നത് അങ്ങനെ പറച്ചിലുണ്ടെങ്കിലും അങ്ങനൊരു ഭാവം വരുക പ്രയാസമാണ് എന്തുകൊണ്ട് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതന്നെ കാമമാണ് കർമ്മത്തിന് കാമം പ്രേരിപ്പിക്കുമ്പോൾ േരിതമായ കർമ്മം കാമം ഉള്ളിലിരിക്കുമ്പോൾ ഇങ്ങനെ നിഷ്കാമമായി അനുഷ്ഠിക്കാൻ പറ്റും എളുപ്പമല്ല അത് അസാധ്യവുമല്ല പക്ഷെ എളുപ്പമല്ല കാരണം കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നതും അതിന്റെ ബീജമായിരിക്കുന്ന കാമമാണ് ആ കാമപ്രേരിതമായി ചെയ്യുന്ന ഒരു കർമ്മം പിന്നെ കാമത്തെ ഒഴിവാക്കി എങ്ങനെ ചെയ്യാൻ പറ്റും അത് വളരെ പ്രയാസമാണ് അത് മനസ്സിലാക്കാൻ അങ്ങനെ ആ കർമ്മം കർമ്മത്തിന്റെ ഫലത്തിൽ ആഗ്രഹമില്ലാതെ ഒരാൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാലും കർമ്മത്തിന്റെ ഫലങ്ങൾ അയാളെ അലട്ടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മളെ തന്നെ കർമ്മത്തിന്റെ ഫലമനുകൂല പ്രതികൂല ഭാവങ്ങൾ കർമ്മം ചെയ്യുന്നവനെ അസ്വസ്ഥനാക്കുന്നുണ്ട് നിഷ്കാമകർമ്മം എന്നുള്ള ഭംഗിവാക്കാൻ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ഫലത്തിൽ അങ്ങനെയല്ല കാണാം ഏത് പ്രവർത്തി ചെയ്താലും അതിന്റെ അനുകൂല പ്രതികൂല ഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും നിഷ്കാമം എന്ന് പറഞ്ഞാൽ അനുകൂലമായി വരുമ്പോൾ സന്തോഷിക്കുകയും പ്രതികൂലമായി വരുമ്പോൾ ദുഃഖിക്കുകയും അല്ലെങ്കിൽ അസ്വസ്ഥനാകുകയും ഒക്കെ ചെയ്യാറുണ്ട് സർവ്വജ് പ്രവർത്തിക്കുന്നവരുണ്ട് നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുന്ന സ്വാമിമാരുൾപ്പെടെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു കാരണം കർമ്മത്തിന് ബീജമായിരിക്കുന്നത് അതിന് പ്രേരിപ്പിക്കുന്നതിന് കാമമാണ് ഗ്രഹമാണ് അതില്ലാതെ കർമ്മമില്ല അപ്പൊ അതോട് ചേർന്ന് കർമ്മത്തിന് ഇരിക്കാൻ പറ്റൂ അങ്ങനെയുള്ള കർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ നിഷ്കാമം എന്നുള്ളൊരു ശബ്ദം പ്രയോഗിച്ചാൽ ഒരിക്കലും കർമ്മം നിഷ്കാമമാകത്തില്ല അതുകൊണ്ടാണ് ശ്രുതിയും മറ്റും കർമ്മത്തെ തിരിച്ച് വിഭജിച്ച് കാമ്യം നിഷിദ്ധം നിത്യം നൈമിത്യം ഇങ്ങനെ തിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുന്നെങ്കിലും സകാമകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക അതായത് കൂടുതൽ കാമനകള് സകാമെന്ന് പറയുമ്പോൾ അത്രേ കൂടുതൽ കാമനകൾ ഉള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക നിഷിദ്ധമായ കർമ്മം അനുഷ്ഠിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് അത് രണ്ടും പോയി കഴിഞ്ഞാൽ തന്നെ വരുന്നത് നിത്യനൈമിത്യകർമ്മ സ്വാർത്ഥമായ വ്യക്തിപരമായ ഫലങ്ങൾ കൊടുക്കാത്ത കർമ്മങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യണം അതിനുവേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അതൊന്നും തന്റേതായിട്ടുള്ള ഒന്നും നേടാനില്ല അങ്ങനെയുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കാൻ പറയുന്നു അങ്ങനെ ഉള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ സ്വാർത്ഥാമങ്ങൾ ആ കർമ്മത്തിന് അധികം പ്രേരകമായി വരുത്തില്ല അങ്ങനെയുള്ള കർമ്മങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ലോകസേവനവും മറ്റും ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴും അതിന് നമ്മുടെ സ്വാർത്ഥത അറിയാതെ പരും എന്തുകൊണ്ട് ലോകസേവനമെന്ന് പറയുന്നതന്നെ ഒരു കാമനയാണ് അങ്ങനെ ഒരു കാമന ഉള്ളിൽ വരുമ്പോൾ അതും കാമ്യകർമ്മമായി മാറും അത്തരം കാമനകൾ ഓടി ഒഴിവാക്കി കർമ്മം ചെയ്യണം എന്നാലേ നിഷ്കാമ കർമ്മമാകത്തുള്ളൂ അത്യന്തം നിസ്വാർത്ഥമായിട്ടൊരു കർമ്മം ചെയ്താൽ മാത്രമേ അതിന് നിഷ്കാമമായി അനുഷ്ഠിക്കാൻ പറ്റൂ അല്ലെങ്കിൽ വരൂ എന്തുകൊണ്ട് ഇതിനെല്ലാം നേരത്തെ പറഞ്ഞല്ലോ കർമ്മം സകാമമായാലും നിഷ്കാമമായാലും അജ്ഞാനിക്കുള്ളതാണ് അജ്ഞാനിക്കുള്ളതല്ല എന്ന് പറഞ്ഞു അജാനത ഭവതി അജ്ഞാനം ആണ് ഈ കർമ്മത്തിന് കർമ്മഫലമായിരിക്കുന്ന സുഖമോഹങ്ങൾക്കും കാരണം അപ്പൊ കർമ്മയോഗവും അതൊരു നമ്മൾ പറയുന്നത് പോലെ നിസ്സാരമായ കാര്യമുണ്ട് വലിയൊരു അഭ്യാസമാണ് കാമം പ്രേരിപ്പിക്കുന്ന കർമ്മങ്ങൾ അത് കാമസസ്പർശമില്ലാതെ അനുഷ്ഠിക്കുക എളുപ്പം നിസ്സാരമായ കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ കാമനകൾ അവസാനിക്കുന്നവന് പിന്നെ കർമ്മവുമില്ല എന്നാത്മീകത്വം വിശുദ്ധം ഗഗനോപമം പശ്യത ആത്മീകത്വം വിശുദ്ധമായ അവിടെ വിശുദ്ധമെന്ന് പറയുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ കാമകർമ്മങ്ങളില്ല ശോകമോഹങ്ങളില്ല അങ്ങനെയുള്ള വിശുദ്ധമായ സർവവ്യാപിയായിരിക്കുന്ന ആത്മീകത്വം ഗഗന ഉപമം ഗഗനഗുന്യമായ അതിന്റെ വ്യാപകത്വത്തെ കുറിച്ച് പറയുകയു അതിൽ ഭേദമില്ലാന്നുള്ള കാണിക്കാൻ വേണ്ടി പറയും ആകാശമൊന്നേ ഉള്ളൂ ആത്മാവ് ഒന്നേ ഉള്ളൂ അങ്ങനെയുള്ള ആത്മബോധത്തെ പശ്ചിത കാണുന്നവന് മാത്രമേ ശോകമോഹങ്ങളില്ലാതിരിക്കൂ അതുകൊണ്ട് തന്നെ കർമ്മയോഗിക്കും കർമ്മം അനുഷ്ഠിക്കുന്നവനും ശോകമോഹങ്ങളെല്ലാം ഉണ്ടാവും നിരാശയുണ്ടാവും ആശയമുണ്ടാവും കർമ്മയോഗം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും കർമ്മം ഉദ്ദേശിച്ച രീതിയിൽ ഫലത്തെ ഉണ്ടാക്കിയില്ലെങ്കിൽ നിരാശ അതെല്ലാം സംഭവിക്കും അപ്പൊ പിന്നെ കർമ്മയോഗം അസംഭവമാണ് അസംഭവം വേണ്ട ഇവിടെ പറയുന്ന ശോകമോഹങ്ങളില്ലാത്ത ജ്ഞാനിയുടെ അവസ്ഥ ഇതിനെ ഭാവന ചെയ്തുകൊണ്ടാണ് അജ്ഞാനി കർമ്മത്തെ അനുഷ്ഠിക്കുന്നത് കാരണം ഇത് രണ്ട് തലം ഒന്ന് വിദ്യാവസ്ഥ മറ്റൊന്നാ വിദ്യാവസ്ഥ വിദ്യാവസ്ഥയിൽ ശോകമോഹങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു ഇത് പറയുന്ന ആരോട് വിദ്വാനോട് പറയേണ്ട ആവശ്യമില്ല ശോകമോഹങ്ങളൊന്നും ഇല്ല എന്നൊരവസ്ഥ അയാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് പിന്നെ അജ്ഞനോടായിരിക്കും ഉപദേശിക്കുന്നു അപ്പൊ ഇത് ഉപദേശിക്കുന്നോണ്ട് എന്താ പ്രയോജനം അജ്ഞൻ ശോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവനാണ് അവനീ പറയുന്ന ശോകമോഹരഹിതമായ ഒരവസ്ഥ ഇല്ല ഈ ഉപദേശത്തിന്റെ പ്രസക്തി എന്താണ് ശ്രുതി പറയുന്നു ശോകമോഹങ്ങളില്ലാതെ കാമകർമ്മങ്ങളില്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് പറയുന്നത് കൊണ്ട് അജ്ഞനായതുകൊണ്ട് എന്താണ് പ്രയോജനം അതെന്ന് പറയുന്നത് അജ്ഞനീയവസ്ഥയെ ഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് അജ്ഞന്റെ അനുഭവത്തിലില്ല പക്ഷെ അജ്ഞനിങ്ങനൊരവസ്ഥയെ തന്റെ ഭാവനയിലൂടെ കാണാം ശോകമോഹങ്ങളില്ലാത്ത ഒരവസ്ഥ കാമകർമ്മങ്ങളില്ലാത്ത ഒരവസ്ഥ വസ്തുതയിലല്ല അനുഭവത്തിലല്ല കേവലം ഭാവനയും നമ്മൾ സ്വർഗത്തെയും നരകത്തെയൊക്കെ ഭാവന ചെയ്ത് കാണുന്നത് പോലും അങ്ങനെ ഒരു ഭാവനയിൽ ആ ഒരു അവസ്ഥയെ കണ്ടിട്ട് ഈ ശോകമോഹങ്ങൾക്കും കാമകർമ്മങ്ങളും എല്ലാം ഉള്ള അജ്ഞൻ കേവല ഭാവനയിൽ മാത്രം ഈ ഒരവസ്ഥയെ കണ്ടുകൊണ്ട് നിഷ്കാമകർമ്മമോ അതുപോലെയുള്ള സാധനങ്ങൾ അനുഷ്ഠിക്കുക അതിനുവേണ്ടിട്ടാണ് ഈ ജ്ഞാനിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഈ വിദ്യാവസ്ഥയെല്ലാം ഇങ്ങനെ മന്ത്രങ്ങളിൽ വിശദീകരിക്കുന്നതെന്നാണ് ആചാര്യസ്വാമികൾ പലയിടത്തും പറയുന്നത് ആണെങ്കിൽ പിന്നെ ഇത് നിഷ്പ്രയോജനമായും വരും കാരണം ഈ വിദ്യാവസ്ഥ വിദ്വാനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രയോജനമില്ല അവിദ്വാനിൽ ഒരിക്കലും പ്രായോഗികവും ആകുന്നില്ല പിന്നെ ഈ വിശദീകരണം കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്തത് വരുന്നോ അങ്ങനെയല്ല ഇതുകൊണ്ട് പ്രയോജനം വരുന്ന വിദ്വാനല്ല ആ വിദ്വാനെ തന്നെയാണ് ഇങ്ങനെയൊരവസ്ഥ ഉണ്ട് എന്ന് ഞാൻ അറിയും എവിടെ ഭാവനയെ കാണും എന്നിട്ട് അയാൾ പ്രവർത്തിക്കുന്നു അപ്പം അങ്ങനെ ഒരു ശോകമോഖങ്ങളില്ലാത്ത ഒരവസ്ഥ തനിക്കും വന്നുചേരണം കാരണം ആ മോക്ഷേത്യോടുകൂടി അയാൾ പ്രവർത്തിക്കുന്നു എന്നാണ് അതിന് വേണ്ടിട്ട് ഞാൻ വിശദീകരിക്കുകയാണ് കോശോകരി ശോകമോഹയോ അവിദ്യകാര്യോ സംക്ഷേപേണ ആക്ഷേപണ അസംഭവ പ്രദർശന സകാരണസ് സംസാരസ് അത്യന്തമേവ വിച്ഛേദ പ്രദർശിതോ ഭവതി ഇവിടെ സംശയം ഉണ്ടാകും ഈ ശോകമോഖങ്ങളെല്ലാം വിശേഷമായും ഇല്ലാതാകുന്നു ആകാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഇതിന്റെ ഇല്ലായ്മയെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്പസമയത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്നും ഇത് ഇല്ലാതാകും പക്ഷെ വീണ്ടും ഇത് വന്നുചേരുന്നു ഇനി വളരെ അഭ്യാസം എല്ലാം ഒരാൾ സമാധി ഇരുന്ന് ഇരിക്കട്ടെ സമാധി അവസ്ഥയെ പ്രാപിച്ചു അവിടെ നിന്നും തിരിച്ചു വന്നാൽ വീണ്ടും വരുന്നു ശോകമോഹങ്ങൾ സമാധി അവസ്ഥയെത്തിയവന് പോലും ഉണർന്നു വരുമ്പോൾ വീണ്ടും ശോകമോഹങ്ങൾ വരും എല്ലാം മറന്നിരിക്കുന്ന സുഷുപ്തി മൂർച്ഛ ഈ അവസ്ഥകളിലെല്ലാം ശോകമോഹങ്ങൾ ഇല്ലാതിരിക്കുന്നു പക്ഷെ വീണ്ടും ഉണർന്നു വരുമ്പോൾ വീണ്ടും വരുന്നു അപ്പൊ ഇതിന്റെ അത്യന്തമായ വിച്ഛേദം നാശം ഇത് സാധ്യമാണോ എന്നാണ് അതുമാത്രവുമല്ല ശോകമോഹങ്ങൾ മഹാത്മാക്കളില്ല എന്ന് പറയുന്നു നമ്മൾ മഹാത്മാക്കളെ കാണുമ്പോൾ അവരിലും കാണുന്നു ശോകമോഹ അവര് സന്തോഷിക്കുന്നതായിട്ടും വ്യാസന്റേയും അസിസ്റ്റന്റേയും ഒക്കെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവര് സന്തോഷിച്ചതായിട്ടും ദുഃഖിച്ചതായിട്ടും എല്ലാം കാണുന്നു അതുപോലെ ഇതിന്റെ അത്യന്തമായ നാശം അത്യന്തിക നാശം അത് സംഭവിക്കുന്നു അത് സംഭവിക്കും അതാണ് ഈ മന്ത്രം പറയുന്നതാണ് ആത്യന്തികമായ നാശം സംഭവിക്കുന്നുണ്ട് കോമഹകാശോ എന്നിങ്ങനെ ഈ മന്ത്രം പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നതിനു വേണ്ടി ശോകമോഹയോഹോ അവിദ്യാകാരിയോഹോ ആക്ഷേപേണ അസംഭവ പ്രദർശന ഈ ശോകമോഹങ്ങൾ എന്തുകൊണ്ട് നിശേഷം നശിക്കുന്നു എന്തുകൊണ്ടില്ലാതെയാകുന്നു അവിദ്യാകാരിയോഹോ അതിന് സമാധാനം പറയുന്നത് അവിദ്യാകാര്യമായതുകൊണ്ടാണ് അത് നശിക്കുന്നത് അവിദ്യകാര്യമാണെന്ന് അറിഞ്ഞാൽ അത് നശിക്കും വെളിച്ചം കൊണ്ട് മാത്രമേ ഇരുട്ട് നശിക്കത്തുള്ളൂ വെളിച്ചം കൊണ്ട് എന്തുകൊണ്ട് ഇരുട്ട് നശിക്കുന്നു കാരണം ഇരുട്ടെന്ന് പറയുന്നത് വാസ്തവത്തിലുള്ള ഒരു വസ്തുവല്ല വെളിച്ചം വരുമ്പോൾ ആ ഇരുട്ടത്തിരിക്കുന്ന പദാർത്ഥങ്ങൾ അത് നശിക്കുന്നു അത് നശിക്കുന്നില്ല വെളിച്ചം കൊണ്ടുവരുന്നു ഇരുട്ടത്തിരിക്കുന്ന ഒരു വസ്തുവെ നമ്മൾ കാണുന്നു ആ വസ്തു എന്തുകൊണ്ട് വെളിച്ചം കൊണ്ട് നശിക്കുന്നില്ല കാരണം ആ ഇരുട്ടിനപേക്ഷിച്ചതിന് വാസ്തവികത ഉണ്ട് വാസ്തവ രീതിയുള്ള ഒരു വസ്തുവിനെ വെളിച്ചത്തിന് നശിപ്പിക്കാൻ ഒക്കത്തില്ല പക്ഷെ അവാസ്തവമായ ഒരു വസ്തുവിനെ ഇല്ലാത്തതായ ഒരു വസ്തുവിനെ മാത്രമേ വെളിച്ചത്തിന് നശിപ്പിക്കാൻ പറ്റൂ ഇരുട്ടില്ലാത്ത ഒരു വസ്തുവാണ് സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു പദാർത്ഥമല്ല അതുകൊണ്ട് നശിച്ചുപോകും അതുകൊണ്ടിവിടെ ആചാര്യസ്വാമികൾ പറയുന്നത് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം ഈ ശോകമോഖങ്ങളിൽ നിന്ന് മോചനം ഇത് സംഭവിക്കണമെങ്കിൽ ഈ ബന്ധനത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അസത്യമായി അറിഞ്ഞാലേ അത് സംഭവിക്കട്ടുള്ള അത് സ്പഷ്ടമായി പറഞ്ഞാൽ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ജീവന് മോക്ഷമാകൂ എന്നാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം മറ്റെന്തെല്ലാം അറിവുണ്ടായാലും ഈ ബന്ധനം അവിദ്യാകാര്യമാണ് കല്പിതമാണ് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഭ്രമമാണുള്ളത് എന്നുള്ള ഒരു അറിവില്ലാതെ മോക്ഷം മോചനം എന്ന് പറയുന്നത് ഒരു തരത്തിലും സംഭവിക്കത്തിൽ എന്തുകൊണ്ട് ഇത് സത്യമായിട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് സത്യമാണ് എന്ന് കരുതുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം സത്യമാണ് ബന്ധ സത്യമാണ് ശോകമോഹാദികളൊക്കെ സത്യം പ്രപഞ്ച സത്യം എന്ന് പറഞ്ഞാൽ സത്യമായി വരും സത്യമാണെന്നാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ ആ അനുഭവം ഇരിക്കുന്നിടത്തോളം കാലം എങ്ങനെ ഇതിൽ മോചിക്കാൻ പറ്റും ഇതെല്ലാം സത്യമായി നിൽക്കുമ്പോൾ സുഖവും ദുഃഖവും സത്യമായിരിക്കുമ്പോൾ സത്യമായ സുഖതുക്കങ്ങളിൽ നിന്നും ഒരാൾക്ക് എങ്ങനെ മോചിക്കാൻ കഴിയും സത്യത്തിൽ നിന്ന് എങ്ങനെ മോചിക്കാൻ പറ്റും ഒരു ജീവനൊരിക്കലും സത്യത്തിൽ നിന്ന് മോചിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടിത് അസത്യമാകണം അസത്യമാണെന്ന് പറഞ്ഞാൽ അസത്യമാണെന്നുള്ള ബോധം ഉണ്ടാകണം വെളിച്ചം വേണം അങ്ങനെ ഒരു വെളിച്ചം വന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ബോധിക്കാൻ പറ്റൂ അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയും അവിദ്യാകാര്യമാണത് അവിദ്യാകാര്യമാണെന്നുള്ള ബോധം വന്നാലേ അവിദ്യാകാര്യങ്ങളായിരിക്കുന്ന ശോകമോഹങ്ങൾ നശിക്കത്തുള്ളൂ എന്നാണ് ഒരു ദർശനത്തിൽ ഒരു തത്വശാസ്ത്രത്തിൽ ഇതല്ല സത്യമാണ് പരമാർത്ഥമാണ് എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ തന്നെ സത്യമാണ് പരമാർത്ഥമാണ് എന്നുള്ളൊരു ബോധം ആണ് ഉണ്ടാകുന്നതെങ്കിൽ ആചാര്യസ്വാമികൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു ബോധം നിലനിൽക്കെ എങ്ങനെ അയാൾക്ക് മോചിക്കാൻ കഴിയും ഇതിൽ നിന്ന് സത്യബോധത്തെ സത്യത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും സത്യത്തെ ആളെങ്ങനെ നശിപ്പിക്കാൻ കഴിയുമോ കഴിയത്തില്ല അപ്പോ ഇത് അസത്യമാണെന്നുള്ള ബോധം തന്നെ വരണം അവിദ്യാകാര്യമാണെന്നുള്ള ബോധം തന്നെ വരണം അവിദ്യാകാര്യമാണെന്നുള്ള ബോധം വരുമ്പോൾ ഇത് അവിദ്യയാണ് അസത്യമാണ് വിദ്യയാണ് ഭ്രമമാണ് എന്ന് ബോധ്യപ്പെടുന്നു ആ ബോധമാണ് മോചിപ്പിക്കുന്നു ആ ബോധം അവനും കൊടുക്കുന്നു അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആക്ഷേപേണ എന്ന് പറയുന്ന ശബ്ദം ആക്ഷേപാർത്ഥത്തിലാണ് നിഷേധാർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ നിഷേധം അസംഭവ പ്രദർശന ഇത് അസംഭവമാണ് ശോകമോഹങ്ങൾ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നേ ഇല്ല എന്നാണ് ഉണ്ടായിട്ട് ബോധം കൊണ്ട് നശിക്കുന്നു എന്നുണ്ടാകും ഇത് അസംഭവമാണ് സംഭവിക്കുന്നേ ഇല്ല അസംഭവ പ്രദർശന ആത്മാവിന് ഇത് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തിൽ ഇത് ഒരിക്കലും സംഭവിക്കുന്നില്ലാന്ന് സംഭവിക്കുന്നില്ലെങ്കിൽ അനുഭവപ്പെടുന്നതോ എന്ന് ചോദിക്കും സംഭവിക്കുന്നില്ലെങ്കിൽ അസംഭവമാണ് ഇത് സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ് ശോകമോഹങ്ങൾ ആത്മാവിന് ശോകമോഹങ്ങൾ സംഭവിച്ചിട്ടില്ല ത്രികാലത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ത്രികാലത്തിന് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഭൂതവർത്തമാന കാലത്തിൽ ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ എന്ന് ചോദിച്ചു അപ്പൊ പറയുന്നത് എന്താണ് അത് വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ അനുഭവം ഉണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് അത് വാസ്തവത്തിൽ സംഭവിക്കുന്നു കരുത ശരിയാണ് അനുഭവം ഉണ്ട് പക്ഷെ അത് പരമാർത്ഥമല്ല അസംഭവ പ്രദർശനം പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഒന്നും നിലനിൽക്കുന്നില്ല പരമാർത്ഥത്തിൽ സംഭവിക്കാതെ നിലനിൽക്കാമോ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നത് പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല എന്നാൽ നിലനിൽക്കുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ഭ്രമ വിഷയങ്ങളെല്ലാം അങ്ങനെയാണ് അതുകൊണ്ട് ഇത് ശോകമോഹങ്ങൾ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല ഇത് അവിദ്യ കാര്യമാണ് ഇത് അസംഭവമാണ് എന്നുള്ളൊരു ബോധം ഇത് സത്യമെന്ന സത്യം അല്ല എന്നുള്ള ബോധം ഈ ബോധം മാത്രമേ ഇതിനെ ഇല്ലാതാക്കൂ ശോകമോഹങ്ങളെ ആ ഒരു ബോധം മാത്രമേ ഇതിൽ നിന്ന് ഒരു ജീവന മോചനത്തിൽ കൊടുക്കുന്നതാണ് അതാത് ഒരു വാശിക്ക് വേണ്ടി ഇത് സത്യമാണ് ഇപ്പൊ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ഭാവന നല്ലതാണ് എന്തിന് വ്യാവഹാരികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് അങ്ങനെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അത് നല്ലതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാപഞ്ചികമായ ഒരു വളരെയധികം ഗവേഷണങ്ങളും പഠനങ്ങളും നിഗമനങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം നടത്താം നമ്മൾ സാധാരണ പറയുന്ന മനുഷ്യന്റെ പുരോഗതിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം അതിൽ ചെയ്യുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ സംസാരത്തിന്റെ ഉച്ഛേദം എന്താ പറയുക ആത്മമോക്ഷത്തിന് ഒരു തരത്തിലും അത് ഉപകരിക്കുന്നില്ല അതുകൊണ്ട് പ്രപഞ്ച സത്യമാണെന്ന് സമർത്ഥിക്കുന്ന ഒരു ദർശനത്തിലൂടെ ഒരു ജ്ഞാനത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഒരാൾക്കും മോചനം നേടാൻ സാധ്യമേ എന്നാണ് കാരണം മോചനം ജ്ഞാനത്തിലൂടെ സംഭവിക്കും ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കത്തുള്ളൂ ജ്ഞാനം ഒരിക്കലും സത്യത്തെ നശിപ്പിക്കത്തില്ല ജ്ഞാനത്തിന് അതിനുള്ള ശക്തിയില്ല സത്യത്തെ നശിപ്പിക്കും അതൊരിക്കലും ജ്ഞാനത്തിന് സാധ്യമല്ല പറഞ്ഞല്ലോ വെളിച്ചത്തിനൊരിക്കലും വസ്തുക്കളെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഉണ്മയെ നശിപ്പിക്കാൻ പറ്റത്തില്ല മനസ്സിൽ ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റുന്നു അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാനം മാത്രമേ നശിക്കുന്നുള്ളൂ സത്യം നശിക്കുന്നില്ല അപ്പം ഇതെല്ലാം അജ്ഞാനകൽപിതമാണ് അജ്ഞാന കാര്യമാണെങ്കിലേ ഞാനും കൊണ്ട് ഇത് നശിക്കത്തുള്ളു ബോധം കൊണ്ട് അതുകൊണ്ടത് ഏത് ഭാഷയിൽ പറഞ്ഞാലും ശരി ഏത് ദർശനത്തിന്റെ ഏത് ഭാഷയിലൂടെ അവതരിപ്പിച്ചാലും ശരി ഈ പ്രപഞ്ചം കൽപ്പിതമാണോ ഇത് അവിദ്യാകാര്യമാണോ എന്ന് മാത്രമേ ജീവനും മോക്ഷമാണ് സകാരണസ്യ സംസാര അത്യന്തമേ ഊച്ഛച്ഛച്ഛം അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ ആത്യന്തികമായ നാശം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശോകമോഹം കൊണ്ട് ഇതാണ് സംസാരം സകാരണമായ സംസാരം സംസാരത്തിന് കാരണമായിരിക്കുന്നത് അവിദ്യാജ്ഞാനം അജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ഈ സംസാരത്തിന്റെ ശോകമോഹങ്ങളാണ് സംസാരം അതിന്റെ അത്യന്തമേ ഊച്ഛച് ആത്യന്തികമായ നാശം പ്രദർശിച്ച് പോയി അതാണ് ഇവിടെ കാണിച്ചത് അതിനാത്യന്തികമായ നാശം സംഭവിക്കും എന്തുകൊണ്ടിത് സത്യം അല്ലാത്തതുകൊണ്ട് അതാണ് ആത്മബോധം എന്ന് പറയുന്നത് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ആത്മബോധം എന്ന് പറയുന്നത് അജ്ഞാനകാര്യമാണ് സത്യമല്ല അനുഭവപ്പെടുന്നുണ്ട് പരമാർത്ഥത്തിൽ നിലനിൽക്കാതെ തന്നെ അനുഭവപ്പെടുന്നതാണ് എന്നുള്ള ബോധം ആ ബോധം കൊണ്ട് മാത്രമേ ശോകമോഹങ്ങളിൽ നിന്നും മോചനം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് അല്ലാതെ നമ്മൾ എന്തെല്ലാം സാധനാ മാർഗങ്ങൾ ഈ ഒരു ബോധമില്ലാതെ ആചാര്യസ്വാമിയുടെ അഭിപ്രായ പ്രകാരം പറയുകയാണെങ്കിൽ ഈ ഒരു ബോധം കൂടാതെ നമ്മൾ എന്തെല്ലാം സാധനാ മാർഗങ്ങൾ അനുഷ്ഠിച്ചാൽ എന്തെല്ലാം ഉപാസനകൾ എന്തെല്ലാം കർമ്മങ്ങൾ എന്തെല്ലാം പൂജാ പാഠാദികൾ എന്തെല്ലാം ചെയ്താലും ശരി അവൻ ഈ സംസാരത്തിൽ നിന്നും മോചനം ഉണ്ടാകത്തില്ല ഈ ബോധം ഉണ്ടാകാത്തോളം കാരണം എന്തുകൊണ്ട് എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ചെയ്താലും അതെല്ലാം സത്യഭാവനയോടുകൂടിയായിരിക്കും ചെയ്യുന്നത് ഇതെല്ലാം ഉള്ളതാണെന്നുള്ള ഭാവനയോടുകൂടിയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഉള്ളതാണെന്നുള്ള ഭാവന ഉണ്ടെങ്കിൽ ഇതവനെ ബന്ധിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു വിശോകമോഹങ്ങൾ അവനെ ബന്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എങ്ങനെ മോചനം നേടും അതിന് യുക്തിയില്ല ഇതൊന്ന് മോചിക്കാം മോക്ഷം എന്ന് പറയുന്നത് വെറും ഒരു കല്പനയായിട്ടും അദ്വൈത സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം അസത്യമാണ് മിഥ്യയാണ് എന്ന് തന്നെ സ്വീകരിക്കാത്തടത്തോളം കാലം ഈ പ്രപഞ്ചത്തിൽ നിന്ന് മോക്ഷമെന്ന് പറയുന്നത് ഒരാൾക്ക് ഭാവന ചെയ്യാനേ സാധ്യമല്ല മോക്ഷം അതുപോലെ തന്നെ സങ്കല്പിക്കാൻ കഴിയാത്ത ഒന്നായി തന്നെ ആയിരിക്കും പ്രപഞ്ച സത്യമാണെന്നുള്ള ഭാവന ഉള്ളിടത്തോളം കാലം അതുകൊണ്ടിവിടെ പ്രപഞ്ചത്തിന്റെ അസത്യത്വം കർമ്മയോഗിയും ഭാവന ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് സാധനാ മാർഗത്തിൽ നിൽക്കുന്നവനായി അവൻ ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വത്തെ ഭാവന ചെയ്തു ശോകമോഹാദികൾ പരമാർത്ഥത്തെ നിലനിൽക്കുന്നില്ല എന്ന് ഉള്ള ബോധത്തോടു കൂടി ഏകാത്മ ഭാവനയോടുകൂടി അവന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനിൽ കാമകർമ്മങ്ങളുടെ എല്ലാം ബീജം അവിദ്യ അതിന്റെ കാര്യമായിരിക്കുന്ന കാമകർമ്മങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന ശോകമോഹങ്ങൾ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ പരമാർത്ഥ ഭാവന കൊണ്ട് അവന്റെ അന്ധകരണം ശുദ്ധമായി തീരുന്നു ക്രമേണ അങ്ങനെയാണ് കർമ്മയോഗ സഹായിക്കുന്നത് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഭേദഭാവനയോടുകൂടിയാണ് വീണ്ടും അവിടെ കർമ്മം ചെയ്യുന്നതെങ്കിൽ അതും ചിത്തശുദ്ധിക്ക് എന്നാണ് പറയുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യുന്നവനും സർവാത്മഭാവം ഇല്ലാതെ കൂടി അജ്ഞനായിട്ടാണ് ആ കർമ്മം വീണ്ടും തുടരുന്നത് അതുകൊണ്ട് അവന് ചിത്തശുദ്ധി ഉണ്ടാകുന്ന അവനും ഈ പറയുന്ന സർവാത്മഭാവത്തെ ഭാവന ചെയ്തുകൊണ്ട് ഞാന് ഭാവനയോടുകൂടി കർമ്മം ചെയ്തു കഴിഞ്ഞാല് ചിത്തശുദ്ധി ഉണ്ടാകും അല്ലെങ്കിൽ അവന് ശക്തിശുദ്ധി ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് അവന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഭേദഭാവനയാണ് കർമ്മചത്തെ സംബന്ധിച്ച് ഇതിനെല്ലാം സംബന്ധിച്ച് സത്യഭാവനയാണ് ഇരിക്കുന്നത് ആ ഭാവനകളത്തോളം കാരണം അവന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതാണ് ഭേദമ അതുകൊണ്ട് ഗീതയിൽ പറയുന്ന കർമ്മയോഗം പോലും സർവാത്മഭാവനയോടുകൂടി ചെയ്യാനാണ് ഭാഷകാരൻ പറയുന്നത് അല്ലെങ്കിൽ പ്രയോജനമില്ലെന്നാണ് അങ്ങനെയാണെങ്കിൽ ശോകമോഹാദികളുടെ അത്യന്തമാവിച്ഛേത സംഭവിക്കും അല്ലെങ്കിൽ അതൊരിക്കലും സംഭവിക്കത്തില്ല എന്തുകൊണ്ട് സത്യത്തിന് നാശമില്ല അതുകൊണ്ട് അപ്പോ ഇതിൽ പ്രധാനമായിരിക്കുന്നത് ഒരുവൻ എന്ത് സാധന അനുഷ്ഠിക്കുന്നു എന്നുള്ളതല്ല എന്ത് ഭാവനയോടുകൂടി അത് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉപൻഷത്തിന് ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മസ്വരൂപത്തെ ഇങ്ങനെ വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കും തന്റെ സ്വരൂപം എന്താണ് കാരണം ആ സ്വരൂപ വിസ്മരണം സംഭവിക്കാതെ അവന്റെ സാധനം അനുഷ്ഠിക്കാനാണ് അതിനു വേണ്ടിയിട്ടാണ് സ്വരൂപത്തെ എപ്പോഴും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വരൂപത്തെ കുറിച്ചുള്ള വിപരീയങ്ങൾ വിപരീത ഭാവനകൾ ഉണ്ടാകാതിരിക്കാൻ അതായത് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകം തന്നെ എത്രയോ തവണ പറഞ്ഞു ഏകം അതേകമാണ് ഒന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഈശ്വര ഭാവന വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിലറിയാതെ അന്യനായ ഒരു ഈശ്വരനെ കൽപ്പിച്ചു അപ്പൊ രണ്ടായി താൻ വേറെയായി ആത്മാവ് വേറെയായി വീണ്ടും അവൻ അജ്ഞാനാവസ്ഥയിൽ തന്നെ നയിക്കുന്നു ഈ പറയുന്ന ആത്മഭാവന അവിടെ വരുന്നില്ല അതുകൊണ്ട് വീണ്ടും അത് വിസ്മരിക്കുന്നുണ്ട് ആത്മവിസ്മൃതി മായ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവല്ലോ മനസ്സ് അപ്പൊ ആത്മവിസ്മൃതി അതിന്റെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ഭാവന വരുന്നു അതിനുവേണ്ടിയിട്ട് ശ്രുതി എപ്പോഴും വീണ്ടും വീണ്ടും ആ കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും മറക്കാതിരിക്കും കാരണം ഭാവന എന്ന് പറയുന്നത് മാനസിക വൃത്തിയാണ് അന്ധകരണത്തിന്റെ പരിണാമമാണ് മറ്റൊരു വൃത്തി അവിടെ വരുമ്പോ അതങ്ങ് വിട്ടുപോകും അതില്ലാതാകും ഒന്നിലത് സ്വയം നശിക്കുക അല്ലെങ്കിൽ മറ്റൊരു വൃത്തി വരുമ്പോ മുമ്പുണ്ടായിരുന്ന വൃത്തി നശിച്ചു പോകും അതൊരു പക്ഷെ വിപരീത ഭാവനയായിരിക്കും അപ്പം വീണ്ടും അന്ധക്കരണത്തിൽ ആ പൂർവവൃത്തിയിലേക്ക് വരണം അതായത് ആ സർവാത്മഭാവത്തിലേക്കും വരണം മനസ്സ് ഇതൊക്കെ ഒരു ആത്മീയ സാധകനെ സംബന്ധിച്ച് ആവശ്യമുള്ളതാണ് അതിനുവേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് മനസ്സിന്റെ അന്ധകരണത്തിന്റെ അതിസൂക്ഷ്മമായ അവസ്ഥാന്തരങ്ങൾ ഭാവങ്ങളാണ് ഈ ഭാവങ്ങളെ കണ്ടുകൊണ്ടാണ് ഇവിടെ ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും മാത്രാത്തത് തന്നെ പറയും ഇതിന്റെ താൽപര്യത്തെ മനസ്സിലാക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇത് വിരസമായി തോന്നും ഇതെന്താ ഒരിക്കൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്ന അതിന്റെ ആവശ്യം തോന്നുന്നു അതിന്റെ ആവശ്യം എന്താണെന്ന് അവൻ ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരിക്കൽ പറഞ്ഞ കാര്യം മനസ്സിലില്ല അപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇല്ല അപ്പം വീണ്ടും ശ്രുതി അത് പറയുന്നത് അടുത്ത മന്ത്രത്തിൽ വീണ്ടും ആത്മ നിരൂപണം ചെയ്യുന്നു യോയം അതിദേഹി മന്ത്രി ഉക്ത ആത്മാ അതീദേഹി മന്ത്രൈഹി കഴിഞ്ഞ മന്ത്രങ്ങളാൽ ഉക്തഹ പറയപ്പെട്ട ഉപദേശിക്കപ്പെട്ട ശ്രുതി അല്ലെങ്കിൽ ഋഷി ഉപദേശിച്ച ആത്മാ യോയം ആത്മാ ആത്മാവ് സേനരൂപേണ വീണ്ടും ആത്മാവിനെ അന്യമായി കാണുകയാണ് ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഈശ്വരനെ വീണ്ടും അന്യനായി കണ്ടുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഭേദബുദ്ധിയോടുകൂടി അത് വരാൻ പാടില്ല സ്വേന രൂപ സ്വസ്വരൂപത്തിൽ കിം അതിന്റെ സ്വരൂപം സ്വേനുപം യഥാർത്ഥ രൂപത്തിൽ എന്താണ് അതിന്റെ സ്വരൂപം ഇത്യാഹ എന്ന് പറയുന്നു അയം മന്ത്ര മന്ത്രം വീണ്ടും പര്യം അസ്നാവ अकायम അക്കായം അസ്നുവിരം ശുദ്ധം परिभू स्वयंभू മനീഷി പരിഭൂ സ്വയംഭൂ യാഥ്യതാ അർ വ്യദാ ശാശ്വീഭ്യ സമാഭ്യാണ് അതിന്റെ പദങ്ങൾ തിരിക്കേണ്ടത് ഇവിടെ പര്യഗാത്ത് എന്നാണ് ഇവിടെ സന്ധി വന്നിരിക്കുകയാണ് ചേർത്തെഴുതിയിരിക്കുന്നിടത്തൊരു ചകാരവും ചകാരവുമാണ് ം ചകാരമായി മാറുന്ന സന്ധി വന്നിട്ട് പര്യഗാദ് സകാരം ചകാരമായി ശുക്രം അകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവി മനീഷി പരിഭൂഹു സ്വയംഭൂ്യത ഒറ്റ പദമായിട്ട് അവിടെയും തകാരമാണ് സന്ധി വന്നിട്ട് ശാശ്വതീഭ്യമായി മാറി സമാഭ്യ എന്നിട്ടത് ചേർത്ത് വായിക്കാം ഞാൻ വായിക്കാം വ്രണം ശുദ്ധമനീഷി പരിഭൂ സ്വയംഭൂദാ തോർ വ്യദാ സമാഭ്യ ഓരോ പദത്തിന്റെ ആയിട്ട് അർത്ഥം ഭാഷത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ആ പദങ്ങൾ വ്യക്തമാകും ഇതുവരെ നമ്മൾ ഈശാവാസമിതം എന്ന് തുടങ്ങി പറഞ്ഞ പരമാത്മാവ് എന്താണ് അതിന്റെ നേരത്തെ പറഞ്ഞു സ്വസ്വരൂപം എന്താണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് പറയുന്നു പര്യക ഒരിക്കലും അതിൽ ഭേദഭാവന വരരുത് അതിനുവേണ്ടിയിട്ടാണ് ഈ ശ്രുതി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈശ്വരൻ എന്നുള്ള സങ്കല്പം മനസ്സിൽ വരുമ്പോൾ അതിലൊരിക്കലും ഒരു അന്യത്വ ഭാവന വരരുത് ദേശം പോലെ ഒരു അന്യത്വ ഭാവനയിലൂടെ ആരാധന പൂജ എല്ലാം നമ്മൾ നടത്തുന്നുണ്ടല്ലോ അത് വരാൻ പാടില്ല എന്നാണ് അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പരിയഗാ എന്ന് പറഞ്ഞാൽ പരി എന്റെ അർത്ഥം പറയുന്നു സമന്താദ് അഗാദ് അന്റെ അർത്ഥം പറയുന്നു ഗതവാൻ സമന്താദ് നാല് പാടും പരി സമന്താദ് നാല് പാടും അഗാദ് പരിഅഗാദ് പരിഅഗാദ് അഗാദ്വെച്ചാൽ ഗതവാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാത്മാവ് ഈശ്വരൻ നാലുപാടും നാല് ചുറ്റും എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശവും വ്യാപി ആകാശത്തെ പോലെ വ്യാപിയാണ് സർവവ്യാപിയാണ് സർവവ്യാപിയായിട്ട് എന്ന് പറയുമ്പോ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ അധ്യാരോപ തന്ത്രത്തിൽ പറയുന്ന സർവ്വവ്യാപി വ്യാപിത്വം എന്ന് പറയുന്ന നമുക്ക് സർവം എന്ന് പറയുന്ന ഒരു ഭാവനയോടുകൂടി ചിന്തിക്കാൻ പറ്റും പറയുന്നത് എള്ളൽ എണ്ണയിരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എണ്ണയുടെ വ്യാപനത്തെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ആദ്യം പറയുന്ന ഭാവന വരണം അങ്ങനെ പറ്റുന്നു അപ്പോൾ വ്യാപനം എന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളു വായുവിൽ സുഗന്ധം വ്യാപിച്ചിരിക്കുന്നു സുഗന്ധത്തിന്റെ വ്യാപനത്തെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വായുവിനെ കുറിച്ചുള്ള ഒരു ഭാവന വരണം നമ്മുടെ മനസ്സങ്ങനെ ആയിപ്പോയി അപ്പൊ നിരപേക്ഷമായിട്ടുള്ള ഒരു വ്യാപനം അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല അങ്ങനെ ഉള്ളൊരു ഭാവം എന്ന് പറയുന്നതാണ് ജ്ഞാനിയുടെ മനസ്സ് അജ്ഞാനിയുടെ മനസ്സിനത് പറ്റുന്നില്ല അതിനാണ് അധ്യാരോഗ തന്ത്രം എന്ന് പറയുന്നത് ആ സർവവ്യാപകത്വത്തെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മറ്റൊരു ആലംബനത്തെ സ്വീകരിക്കുക എന്ത് പരിച്ഛിന്നമായൊരു ആലംബനം അതാണ് സർവം എന്ന് പറയുന്നത് പരിച്ഛിന്നമായ ഒരു വസ്തുവിനെ കല്പിച്ചുകൊണ്ട് അപരിച്ഛിന്നമായ ഒന്നിനെ ഭാവന അപ്പോൾ പരിച്ഛിന്നമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കൽപ്പിച്ചുകൊണ്ട് അതായത് വ്യാപകമല്ലാതിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ കൽപ്പിച്ചുകൊണ്ട് അതിൽ സർവവ്യാപകമായ ഒന്നുണ്ടെന്ന് പറയുക അധ്യാരോഗ തന്ത്രം എന്ന് പറയുമ്പോൾ അത് ആ പറയുന്ന മുഴുവൻ സത്യമുണ്ട് പരിച്ഛിന്നമായ പരിമിതമായ ഒരു പ്രപഞ്ചവും അതിൽ സർവ്വത്ര വ്യാപിച്ചിരിക്കുന്ന ഒരു ഈശ്വരനും എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല എന്തുകൊണ്ട് ഈശ്വരൻ സ്വതസിദ്ധനായ ഒന്നാണ് ഈശ്വരന് വ്യാപിക്കുന്നതിന് ഒരു ആധാരം വേണ്ട പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു ആധാരം അതിനാവശ്യം വേണ്ട അങ്ങനെ ഒരു ആധാരത്തിൽ ഇപ്പൊ സുഗന്ധം അതിന് വ്യാപിക്കണമെങ്കിൽ വായു വേണം അപ്പൊ അതുപോലെ പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു ആധാരത്തെ കല്പിച്ചിട്ട് ആ ആധാരത്തിൽ ഈശ്വരൻ വ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടി അങ്ങനെ പറയുന്നു കുറച്ച് അസത്യവും കുറച്ച് സത്യവും കൂടെ ചേർത്ത് അതിനാണ് അധ്യാരോഗം എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നിനെ കൽപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തെ പറയുക പരമാർത്ഥത്തിൽ പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു വസ്തു അതിൽ ഈശ്വരൻ എന്ന് പറയുന്ന മറ്റൊന്ന് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരന് വ്യാപിക്കുന്നതിന് ആധാരമായ വാസ്തവത്തിൽ ഇല്ലാതായ ഒരു പ്രപഞ്ചത്തെ നമ്മൾ കൽപ്പിക്കുകയാണ് ആരോപിക്കുകയാണ് എന്നാൽ ആരോപത്തിലൂടെയും നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്ന എന്തോന്ന് ഈശ്വരന്റെ സർവ്വവ്യാപകത്വത്തെ സത്യത്തെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു ഇല്ലാത്ത ഒന്നിനെ കല്പിച്ച് അതിലൂടെ ഒരു ഈശ്വരീയ ബോധത്തെ ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നതിനാണ് അധ്യാരൂപ തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ അധ്യാരൂപത്തിലൂടെ പറയുകയാണ് സത്യജീ എന്ന് പറയുന്നതാണ് അപ്പം അത് പരമാർത്ഥമല്ല എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വസ്തുവിൽ വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചമെന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ വ്യാപിച്ചിരിക്കുന്ന ഒരു മറ്റൊരു വസ്തുവല്ല ഈശ്വരൻ ഒരിക്കലും അങ്ങനെയല്ല പക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും അത് ഏതുപോലെയും നമുക്ക് മനസ്സിലാക്കേ പറ്റും കാരണം ഈ ആകാശം ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആകാശം ഇവിടെ ഓരോ വസ്തുവിനും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആകാശത്തിന് വ്യാപിക്കുന്നതിന് ഒരാധാരമായി പ്രപഞ്ചത്തിൽ ഓരോ വസ്തു നിൽക്കുന്നു എന്നുള്ള അർത്ഥം മറിച്ച് ആകാശമെന്ന് പറയുന്ന ഒന്നിൽ മറ്റൊരു വസ്തു നിലനിൽക്കുന്നു എന്നതിനർത്ഥമുണ്ട് ആകാശം എന്ന് പറയുന്ന അവകാശം ഇടം ഒരു വസ്തു നിലനിൽക്കുന്നതിന് ഒരു ഇടം ആവശ്യമുണ്ടെന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ആകാശത്തിന് ആലംബനമാണ് വസ്തുവെന്നല്ല മറിച്ച് വസ്തുവിന് ആലംബനമാണ് ആകാശം എന്നാണ് അതുപോലെ ഈശ്വരൻ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളത് എന്താണ് ഈശ്വരനിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു ഈശ്വരനെ ആശ്രയിച്ച് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നാണ് ഈശ്വരനെ ആശ്രയിച്ച് പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ അത് ഈശ്വരന്റെ വ്യാപകത്വത്തെ ഭജിക്കുമോ എന്ന് സംശയം വരാം ഒരു വസ്തു സർവവ്യാപി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ വ്യാപകത്വത്തെ പൂർണ്ണമായും കൽപ്പിച്ചാൽ പിന്നീടവിടെ രണ്ടാമതൊരു വസ്തു വരാൻ പാടില്ല രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ആ വസ്തു വ്യാപിക്കുന്നില്ല എന്ന് കരുതേണ്ടി വരും അപ്പൊ ഈശ്വരനിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുകയാണെങ്കിൽ ഈശ്വരൻ ഇങ്ങനെ സർവവ്യാപിയാകും വീണ്ടും സിദ്ധാന്തത്തിലേക്ക് വരും എന്താണോ ഈശ്വരനിൽ പ്രപഞ്ചം നിലനിൽക്കുന്നു പക്ഷേ ഈശ്വരന്റെ വ്യാപകത്വത്തെ അത് നശിപ്പിക്കുന്നില്ല ആ പ്രപഞ്ചം എന്തുകൊണ്ട് ഈശ്വരനിൽ പ്രപഞ്ചം സത്യമായിട്ടല്ല നിലനിൽക്കുന്നത് എന്നാ ഈശ്വരൻ എന്ത് ചെയ്യുന്നു തന്നിൽ തന്നെ ഈശ്വരന്റെ ഈശ്വരനിൽ അത് കല്പിത നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തുവരുന്നു ആ പ്രപഞ്ചം തുച്ഛമാണ് ശൂന്യമാണ് അത് ഈശ്വരന്റെ വ്യാപകത്വത്തെ ഭജിക്കുന്നില്ല അപ്പോൾ ഈശ്വരനായി ഏകനായി സർവവ്യാപിയെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ പിന്നെ ഈശ്വരനെ കുറിച്ച് ഭാവിക്കുന്നവനെങ്ങനെ അന്യഭാവന വരും ഭേദബുദ്ധി എങ്ങനെ വരും ഏകനായി ഈശ്വരൻ മാത്രമാണ് എന്നുള്ള നിർണ്ണയത്തിലാണ് അവന്റെ ബുദ്ധി എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുമ്പോ നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യുന്നു അധ്യാരോപ തന്ത്രത്തിൽ നിന്നും മാറി അപവാദ തന്ത്രത്തിലേക്ക് പോകുന്നു ശാസ്ത്രഭാഷൻ അധ്യാരോപത്തിലൂടെ തന്നെ അപവാദത്തിൽ എടുത്തിരുന്നു ഈശ്വരൻ പ്രപഞ്ചത്തിന് വ്യാപിച്ചിരിക്കുന്നുവെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് അവസാനം ഈശ്വരന്റെ വ്യാപകത്വം പ്രപഞ്ചത്തെ ഒഴിവാക്കി ഗ്രഹിപ്പിക്കുന്നു അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മുടെ ബുദ്ധി തന്നെ അപവാദ തന്ത്രത്തേക്ക് പോയി അവിടെ ആരോപിക്കാനൊന്നുമില്ല ഈശ്വരൻ പ്രപഞ്ചമൊന്നും രണ്ടില്ല മറിച്ച് ഈശ്വരൻ മാത്രം ഈശാവാസ്യം ഇതം സർവം അത് മാത്രം ഇതം പോയി പിന്നെ ഈശാവാസ്യം ഈശ്വൻ മാത്രം ഇതാണ് അപവാദ തന്ത്രമെന്ന് പറയുന്നത് അധ്യാരോപ തന്ത്രത്തിലൂടെ അപവാദ തന്ത്രത്തിൽ എത്തിച്ചേരും ചിലടത്ത് നേരിട്ട് തന്നെ അപവാദ രീതിയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഭാഗങ്ങളും വരും ഇവിടെ ആത്യന്തികമായി അവന് ഭാവന വരേണ്ടത് എന്താണോ പ്രപഞ്ചഭാവനയല്ല മറിച്ച് ഈശ്വര ഭാവന അത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ പ്രപഞ്ചഭാവന വന്നാൽ ഉടനെ അന്യത്വഭാവന വരും ഈശ്വരൻ വേറെയാണെന്നുള്ള ഭാവന വരും അത് വരാൻ പാടില്ല ആകാശവും സർവവ്യാപി ഇവിടെ പറയുന്നു ആകാശത്തെ പോലെ അത് വ്യാപിയാണ് സർവ്വവ്യാപി എന്നുള്ളതും പോയി എന്നെ പറയുന്നു ആകാശവും വ്യാപി ആകാശത്തെ പോലെ വ്യാപിച്ചിരിക്കുന്നു അതിന് വ്യാപിക്കാൻ പിന്നെ സർവുമില്ല സർവത്തെയും നിരാകരിച്ചുകൊണ്ടാണ് അതിൽ പറയുന്നതിന് വേദാന്തത്തിൽ തന്നെ വേറൊരു ഭാഷയിൽ പറയും ബാധ സാമാനാധികാരണിയും എന്നും മറ്റേ സാങ്കേതികമായ എന്ന് വെച്ചാൽ ഏതിനാണോ വ്യാപിക്കുന്നുവെന്ന് പറയുന്നത് അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പറയുന്നത് പ്രപഞ്ചത്തിന് വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തെവിടെ അംഗീകരിച്ചുകൊണ്ടല്ലോ മറിച്ച് പ്രപഞ്ചത്തെ നിഷേധിച്ചുകൊണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം വ്യാപിച്ചിരിക്കുന്ന ആ വസ്തു മാത്രമേ ഉള്ളൂ രണ്ടില്ല രണ്ടില്ലെങ്കിൽ ഒന്നിന് സർവ്വവ്യാപകത്വം വരത്തില്ല വ്യാപകത്വം ഒന്നിന് വരത്തില്ല സർവ്വവ്യാപകത്വമല്ല വ്യാപകത്വമേ വരത്തില്ല രണ്ട് വസ്തുണ്ടെങ്കിൽ പിന്നെ ഒന്നേ ഉള്ളൂ അതുകൊണ്ടാണത് വ്യാപിയായിരിക്കുന്നത് വേറെ ഭാഷയിൽ പറയും അപരിച്ഛിന്നു പറയും വേറെ രീതിയിൽ പറയും കാലദേശ വസ്തു പരിച്ഛേദ ശൂന്യം എന്ന് പറയും ഇതിനെ തന്നെയാണ് വേറൊരു ഭാഷയിൽ പറയുന്നത് അനന്തം ഇതെല്ലാം സമാനമായ അർത്ഥത്തെ കൊടുക്കുകയാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നെല്ലാം പറയുന്നു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടത് വ്യാപിയാണ് അപ്പൊ പിന്നെ അവിടെ എങ്ങനെ ഈശ്വരനെ കുറിച്ചൊരു അനിയത്വ ബോധം അങ്ങനെ വരും വരത്തില്ല അങ്ങനെ ഒരു ബോധത്തോടുകൂടി വേണം അജ്ഞനും ഈശ്വരഭാവന ചെയ്യാനെന്നാണ് അച്ഛനെ ഈശ്വരഭാവനയുടെ ആവശ്യമാണ് ഞാൻ ഈശ്വരഭാവനയുടെ ആവശ്യം ഇല്ല പിന്നെ അടുത്തത് വിശദീകരിക്കുന്നു ശുക്രം ശുദ്ധം ശുക്ര ശബ്ദത്തിനും മറ്റും നിരുതം ഞാൻ പറഞ്ഞു വൈദിക ശബ്ദങ്ങളുടെ അർത്ഥത്തെ കുറിച്ച് പറയുന്ന ശബ്ദങ്ങളെ കുറിച്ചും അർത്ഥത്തെയും പറയുന്ന നിരുക്തം നിഖണ്ഠും തുടങ്ങിയ ശബ്ദങ്ങൾ ആ ഗ്രന്ഥത്തിലെല്ലാം ഇതിന് പറഞ്ഞിരിക്കുന്ന അർത്ഥമാണ് ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ജ്യോതിഷ അതിനൊന്നുകൂടി വിശദീകരിക്കുകയാണ് ദീപ്തിമാൻ ഇത്തിയർത്ഥ ദീപ്തിമാൻ എന്നർത്ഥം ശുക്രം എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നവൻ ദീപ്തിയുള്ളവൻ പ്രകാശിക്കുന്നവൻ ഈശ്വരന്റെ പ്രകാശം എന്താണ് സൂര്യനെ പോലെ അത് പ്രകാശിക്കുന്നതാണ് ഒരിക്കലും അല്ല ദീപ്തിമാൻ എന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപൻ എന്നർത്ഥം അറിവാണ് ഈശ്വരന്റെ സ്വരൂപം ബോധമാണ് അതിന്റെ സ്വരൂപം അത് പിന്നെ തന്നിൽ തന്നെ അത് ബോധ്യപ്പെടുത്തി തരികയാണ് അകായം അടുത്ത് പറയുന്നു സത്പരിഗാദ് ശുക്രം അകായം ആ ശരീര ശരീരമില്ലാത്തവനാണ് ലിംഗശരീരവർജിത സൂക്ഷ്മശരീരം ലിംഗശരീര സൂക്ഷ്മ ശരീരം ഇണ്ടാത്തവൻ അത് തന്നിലേക്ക് തന്നെ പറയും ആത്മനിഷ്ഠമായി എന്നെ ബോധിപ്പിക്കുക ഈശ്വരൻ വ്യാപിയാണെങ്കിൽ താനും അത് തന്നെയാണ് താൻ അന്യനാകാൻ വഴിയില്ല പക്ഷെ താൻ തന്നെ ചിന്തിക്കുമ്പോൾ വരുന്നത് എന്താണ് തന്റെ ശരീരമാണ് തന്നെ ചിന്തിക്കുമ്പോൾ തന്റെ സങ്കല്പത്തിൽ വരുന്നു അതുകൊണ്ട് സൂക്ഷ്മ ശരീരം ഞാനെന്ന് പറയുമ്പോൾ ും ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ഥൂര ശരീരത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിലും ഞാനെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിനെ തന്നെ നമ്മുടെ വികാര വിചാരങ്ങളെല്ലാം കൂടി ചേർന്നത് തന്നെയാണ് അപ്പൊ അത് സൂക്ഷ്മ ഈ വികാര വിചാരങ്ങളെല്ലാം കൂടി ചേർന്ന തന്നെയാണ് എന്ന് പറയുന്നത് കാരണം ഞാനെന്ന് പറയുമ്പോൾ ആരും ഈ ശരീരത്തെ മാത്രമായിട്ട് ധരിക്കുന്നില്ല മറിച്ച് ഈ ശരീരത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അതിനോടുകൂടിയാണ് നമ്മൾ ശരീരം ഞാൻ കറുത്തവനാണ് വെളുത്തവനാണ് പുരുഷനാണ് സ്ത്രീയാണ് ബ്രഹ്മചാരിയാണ് സന്യാസിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ നമ്മളുണ്ട് ഈ സങ്കല്പങ്ങളെ എല്ലാം കൂടെ ഇതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് സൂര്യശരീരം എന്ന് പറഞ്ഞാൽ ഈ വസ്തു പദാർത്ഥം പുറമേ കാണും പക്ഷെ ഞാനെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സ് കേവലമായ വസ്തുവിൽ മാത്രം നിൽക്കുന്നില്ല മറിച്ച് അനേക സങ്കല്പങ്ങളോടുകൂടി ഈ വസ്തുവിൽ നിൽക്കുകയാണ് നമ്മൾ ആരോചിച്ച് മനസ്സിലാകുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ചിന്തയിൽ നമ്മളെപ്പോഴും നിൽക്കുന്നത് സ്ഥൂല ശരീരത്തിന്റെ തരത്തിൽ സൂക്ഷ്മ ശരീരത്തിനാണ് അവിടെ പ്രാധാന്യം എന്തുകൊണ്ട് സങ്കല്പരഹിതമായി മനസ്സിന് ഈ ശരീരത്തിന് മാത്രം നിർത്താൻ നമുക്ക് പറ്റുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും നിർത്തുന്നുണ്ടായില്ല തന്നെ കുറിച്ച് ചിന്തിച്ചാൽ ഉടൻ നൂറ് നൂറ് സങ്കല്പങ്ങളാ വരുന്നു അല്ല ഈ തടിയല്ല ഇട ശരീരത്തെ അല്ല ശരീരത്തിലോട്ട് പോയാൽ വരുന്നു ശരീരം തടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മെരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ രോഗിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് ഇങ്ങനെ നാനാ സങ്കല്പങ്ങൾ ഈ സങ്കല്പങ്ങളുടെ ഒരു അംശം മാത്രമേ ആകുന്നുള്ളൂ നമ്മുടെ ഈ സ്ഥൂല ശരീരം അതിന്റെ തൊണ്ണൂറ്റി സൂക്ഷ്മ ശരീരമാണ് അതുകൊണ്ട് അതിനാണ് പ്രാധാന്യം കൂടുതൽ നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ സ്ഥൂല ശരീരത്തിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അറിയാതെ സ്ഥൂല ശരീരത്തിനാണ് അപ്പൊ ആ ശരീരമല്ല ലിംഗശരീരവർജിതൻ സൂക്ഷ്മ ശരീരമല്ല എന്ന് പറയും അകായം അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നു അവ്രണം അസ്നാവിരം നമ്മൾ സാധാരണ എപ്പോഴും നമ്മുടെ ചിന്ത നീക്കുന്നത് സ്ഥൂല ശരീരത്തില്ല സൂക്ഷ്മ ശരീരത്തിലാണ് കാരണം ഈ സ്ഥൂല ശരീരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് വളരെ കുറച്ച് ചിന്തിക്കേണ്ടി വരുന്നുള്ളൂ സ്ഥൂല ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അങ്ങനെയിരിക്കും അതിനടുത്ത് പറയും നവറണം അക്ഷതം അസ്നാവിരം ക്ഷതങ്ങളില്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ക്ഷതം എവിടെ സംഭവിക്കുന്നു പ്രധാനമായിട്ട് സ്ഥൂല ശരീരത്തിലാണ് വെട്ടും കുത്തും ഇല്ല കേൾക്കുന്നു മുറിവുകളെല്ലാം സംഭവിക്കുന്നു പക്ഷേ ആ മുറിവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉടൻ മനസ്സ് സൂക്ഷ്മത്തിലേക്ക് പോകുന്നു ചിന്ത സൂക്ഷ്മമാണ് ആ സൂക്ഷ്മത്തിന്റെ ഒരു അറ്റത്ത് മാത്രമേ അപ്പോഴും ക്ഷതം നില്ക്കുന്നുള്ളൂ ക്ഷതത്തെക്കുറിച്ചുള്ള സങ്കല്പം വരുന്നു ആ സങ്കല്പത്തിന്റെ വിഷയമായിട്ട് ക്ഷതം നില്ക്കുന്നു അപ്പം സങ്കല്പം വീണ്ടും സൂക്ഷ്മമായി വിഷയം സ്ഥൂലമായി അപ്പ അവിടെയും പ്രാധാന്യ സൂക്ഷ്മ ശരീരത്തിനാണ് അസ്നാവിരം സ്നാവ എന്ന് പറഞ്ഞു സകാര സകാരങ്ങൾ അഭേദമായിട്ട് പ്രയോഗിക്കുന്നു സകാരത്തിന് പകരം കൂടെ സകാരം എഴുതിയിരിക്കുന്നത് യസ്മിൻ ന വിദ്യന്തെ എവിടെയാണോ ഈ സ്ഥിരകൾ ഇല്ലാത്തത് എന്നർത്ഥം അപ്പൊ സിരകളുള്ളത് സ്ഥൂര ശരീരത്തിലാണ് ക്ഷതമുള്ളത് സ്ഥൂല ശരീരത്തിലാണ് അപ്പൊ ക്ഷതവും സ്ഥിരകളും ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ സ്ഥൂരശരീരത്തെ എവിടെ നിഷേധിച്ചിരിക്കുകയാണ് അതാണ് ശിരാഹ സ്നാവാഹ സിരകൾ യസ്മിൻ എവിടെയാണോ നവിദ്യന്തെ ഇല്ലാത്തത് ആത്മാവിലില്ല അസ്നാവിരം അതുകൊണ്ട് ആത്മാവ് സ്ഥിരകളില്ലാത്തതാണ് ആത്മാവ് അത് ശുദ്ധമാണ് സ്ഥൂല ശരീരം ഇല്ലാത്തതാണ് അടുത്ത് പറയുന്നു അവ്രണം അസ്നാവിരം ഇത്യാഭ്യാം സ്ഥൂല ശരീര പ്രതിഷേധ അവ്രണം അസ്നാവിരം എന്ന് പറയുന്ന ഈ രണ്ട് ശബ്ദങ്ങളെക്കൊണ്ട് ആഭ്യാം ഈ രണ്ട് ശബ്ദങ്ങളെ കൊണ്ട് സ്ഥൂല ശരീരപ്രതിഷേധ സ്ഥൂല ശരീരത്തെ നിഷേധിച്ചിരിക്കുകയാണ് ആത്മാവി സ്ഥൂരശരീരമല്ല സൂക്ഷ്മ ശരീരമല്ല എന്ന് നിഷേധിച്ചു അടുത്ത് ശുദ്ധം അടുത്ത് മന്ത്രത്തിൽ പറയുന്നു ശുദ്ധം അതിനെ വിശദീകരിക്കുന്നു നിർമ്മലം മലരഹിതമാണ് ഒന്നുകൂടി വിശദീകരിക്കുന്നു അവിദ്യ മലരഹിതം അവിദ്യയാകുന്ന മലം അജ്ഞാനമാകുന്ന മലം അഴുക്കാതില്ലാത്തതാണ് ഇത് കാരണശരീര പ്രതിഷേധം അങ്ങനെ കാരണശരീരത്തെ നിഷേധിച്ചു ഇവിടെ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് പറയുന്ന മൂന്ന് ശരീരങ്ങളെയും നിഷേധിച്ചിട്ട് വ്യാപിയായിരിക്കുന്ന ഈശ്വരൻ താനാണെന്നവെ ബോധിപ്പിക്കുകയാണ് എന്തുകൊണ്ട് താൻ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് ആ സൂക്ഷ്മ സങ്കല്പം സങ്കല്പമയമായിരിക്കുന്ന ശരീരം പിന്നീട് ഈ സ്ഥൂല ശരീരം പിന്നെ കാരണശരീരം ഇതിന്റെ രണ്ടിനും കാരണമായിരിക്കുന്ന കാരണശരീരം ഇതിനെ ചുറ്റുപറ്റിയാ നമ്മുടെ ചിന്ത നിൽക്കുന്നത് അപ്പൊ ഇതിനെ മൂന്നിനെയും നിഷേധിച്ചിട്ട് പറയുന്നു വ്യാപിയാണ് അപ്പൊ തന്നെ പരമാത്മാവായി ബോധിപ്പിക്കുകയാണ് ആ പാപവിദ്ധം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ തത്ര കോമോഹ കശോക എന്ന് പറഞ്ഞല്ലോ ശോകമോഹങ്ങളില്ലാത്തവനാണെന്ന് പറഞ്ഞു ശോകമോഖങ്ങളില്ലാത്തവനാണെന്ന് തനിക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് കാരണം അത് തന്റെ അനുഭവമാണ് അതാണ് ഇവിടെ വീണ്ടും പറയുന്ന ആ പാപവിദ്ധം താൻ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരം അല്ല അതുകൊണ്ട് തന്നെ എന്താണ് തനിൽ പാപവിദ്ധം പാപബന്ധമുള്ളവനല്ല പാപസ്പർശമുള്ളവനല്ല പാപമെന്താണ് ധർമ്മ അധർമാതി പാപവർജിതം ധർമ്മം അധർമ്മം ധർമ്മം പുണ്യം അധർമ്മം പാപം പുണ്യവും പാപവും എല്ലാം ഇവിടെ പാപമാണ് പുണ്യവും ബന്ധനത്തിന് കാരണം പാപവും ബന്ധനത്തിന് കാരണം പാപവർജിതമാണ് ആര് താൻ എന്നാണ് ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ട് അതിൽ പാപമില്ലെന്നല്ല പഠിപ്പിക്കുന്നു താൻ വ്യാപിയാണ് തന്നിൽ പാപമില്ല എന്നാണ് പുണ്യപാപങ്ങളില്ലെന്നാണ് ധർമ്മവും അധർമ്മവും ഇല്ല എന്നാണ് ധർമ്മവും അധർമ്മവും തന്നിലില്ലെങ്കിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ ധർമാധർമ്മകാര്യമായിരിക്കുന്ന പുണ്യ സുഖ ദുഃഖങ്ങളും ഇല്ല പുണ്യപാപത്തിന്റെ കാര്യമാണ് സുഖതുക്കങ്ങൾ അതും തന്നെ ഇല്ല അപ്പൊ ശോകമോഹങ്ങൾ അവിടെ ഇല്ല അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആത്മ സ്വരൂപത്തെ തന്നെ നമ്മൾ ബോധിപ്പിക്കുന്നത് ഇല്ലെങ്കിൽ പുണ്യപാപങ്ങളെക്കുറിച്ചും ശോകമോഹങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ വീണ്ടും ആത്മാവിനെ മറന്നു പോകും ആത്മാവിനെ മറക്കാന്ന് വെച്ചാൽ ആത്മാവിനെ ആരും മറക്കുന്നില്ല ആത്മാവിനെ ഒരാൾക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വിസ്മരിച്ചു ആത്മാവിനെ ഓർത്തുകൊണ്ട് തന്നെ അതിനെ വിസ്മരിക്കുക നമ്മൾ ചെയ്യുന്നു ആത്മാവിനെ ആർക്കും വിസ്മരിക്കാൻ കഴിയത്തില്ല പിന്നെ വിസ്മരിക്കുന്നതിനെ ആത്മാവിനെ തന്നെ ഓർത്തുകൊണ്ട് ആത്മാവിന്റെ തന്നെ വാസ്തവ സ്വരൂപത്തെ മറന്നു കളയുന്നു മറക്കുന്നു എന്നെന്തുകൊണ്ട് പറയുന്നു കാരണം ശ്രുതി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മളറിയുന്നു അറിഞ്ഞിട്ടില്ലേ മറക്കാൻ പറ്റൂ അറിയാൻ മറക്കാൻ പറ്റത്തില്ല അപ്പൊ അറിയുന്നു മറന്നുപോകുന്നു എന്നർത്ഥം ആദ്യം കേൾക്കുന്നയാളോ ആദ്യം കേൾക്കുന്ന ഒരാളിവിടെ ഇല്ല ആത്മാവിനെ കുറിച്ച് അങ്ങനെ ഒരാളില്ല എന്നർത്ഥം ആത്മാവിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല ഒരിക്കലും ഈശ്വരനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്ന ഒരാളെ നമ്മളീ പ്രപഞ്ചം മുഴുവൻ അന്വേഷിച്ചാലും കണ്ടെത്താൻ പറ്റത്തില്ല അങ്ങനെ ഒരു ജീവനില്ല ആദ്യം കേൾക്കുന്ന ഒരു ജീവൻ എന്തുകൊണ്ട് ജീവൻ അനാദ്യാണ് ഇപ്പൊ ജീവൻ ഇത് ആദ്യം എന്നാ ഇത് കേൾക്കാൻ തുടങ്ങിയെന്നുള്ളതിന് തുടക്കമില്ല എന്നും പോലാണ് ആദ്യം ഇത് കേൾക്കാൻ തുടങ്ങിയത് തുടക്കം എന്ന് പറയാൻ പറ്റത്തില്ല എന്നും ഈശ്വരനെ അന്വേഷിക്കാൻ തുടങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല അതിന് തുടക്കമില്ല അതുകൊണ്ട് ആദ്യമില്ല ഈശ്വര അന്വേഷണത്തിന് തുടക്കമില്ല അനാദികാലം പോലെ ഈ ജീവൻ ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അനാദിയായിട്ട് അനാദികാലം പോലെ അവൻ ഈശ്വരനെ അറിയുന്നുണ്ട് എന്നർത്ഥം ഒരിക്കലും ഈശ്വരനെ അവൻ അറിയാതിരുന്നില്ല പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് അതിനെ വിസ്മരിച്ചു കൊണ്ടുവിരിക്കുന്നു നിജവിസ്മൃതി എന്ന് പറയും സദാ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് അല്ല ഞാൻ ആദ്യമായിട്ടാണ് ീശ്വരനെ കുറിച്ച് കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഉപനിഷത്ത് കേൾക്കുന്നതെന്നൊക്കെ വിചാരിക്കും അത് അബുദ്ധമാണ് വിസ്മൃതി അതുകൊണ്ടാണല്ലോ ശരി എപ്പോഴും പറയും നിങ്ങൾ മറന്നുപോകുന്നു മറന്നുപോകുന്നു ആദ്യം കേൾക്കുന്നെങ്കിൽ എങ്ങനെ മറക്കുന്നു ആദ്യം കേൾക്കുന്ന ഒരു കാര്യം മറക്കാനൊക്കെ ഒരിക്കൽ കേട്ടേ മറക്കാൻ പറ്റും അതുകൊണ്ടാണ് ഗർഭ ഉപനിഷത്തിനും മറ്റും പറയുന്നത് എന്താണ് ഗർഭത്തിലിരുന്നപ്പോൾ തന്നെ അവന് ശരിയായിട്ടുള്ള ബോധം ഉണ്ടായിരുന്ന അപ്പോൾ എത്രയോ ജന്മങ്ങൾ ഗർഭവാസം എത്രയോ കഴിഞ്ഞിരിക്കും എത്രയോ തവണ ഇതിനെ അറിഞ്ഞിരിക്കുന്നു അപ്പൊ ആദ്യം കേൾക്കുന്നുണ്ടോ ആദ്യം ആരും ഈശ്വരനെ കുറിച്ച് കേൾക്കുന്ന ആദ്യം കേൾക്കുന്ന എന്നാൽ നിരന്തരം വിസ്മരിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം ഇതിനെ സ്മരിച്ചുകൊണ്ട് വിസ്മരിക്കുന്നു നിരന്തരം ആത്മാവിനെ ഓർത്തുകൊണ്ട് ആത്മാവിനെ വിസ്മരിക്കുന്നു അതുകൊണ്ടാണ് ആത്മവിസ്മൃതി എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നതിന് പകരം പറയുന്നതാണ് സ്മരിക്കാൻ പറയും അത് ആ വിസ്മരണം വിസ്മരണത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സ്മരിച്ചുകൊണ്ട് വിസ്മരിക്കുന്നതിന് അപ്പൊ സ്മരിക്കുന്നതിന് ആത്മാവിനെ തന്നെ വിസ്മരിക്കുന്നതിന് ഇതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വ്യത്യാസം തന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് തന്റെ തന്നെ ആ നേരത്തെ പറഞ്ഞ വ്യാപിത്വം അസ്നാവിരം അമൃണം അകായം എന്നെല്ലാം പറയുന്ന ആ ഭാവങ്ങൾ വിസ്മരിച്ചു പോകും സ്ഥൂലസൂക്ഷ്മ കാരണരഹിതനാണെന്നുള്ള ഭാവത്തെ വിസ്മരിക്കും മറിച്ച് സൂക്ഷ്മ ശരീരിയായിട്ട് തന്നെ സ്മരിക്കുന്നു സ്ഥൂല ശരീരിയായി സ്മരിക്കുന്നു അജ്ഞനായി സ്മരിക്കുന്നു അതുള്ളത് എനിക്ക് ബന്ധം കൽപ്പിക്കുന്നു പിന്നെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു ഇതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് കേൾക്കുക ഇതിനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം വിസ്മരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അപാപവിധം ഇതിൽ ധർമാധർമ്മങ്ങളില്ല പുണ്യപാപങ്ങളില്ല അതുകൊണ്ട് തന്നെ സുഖദുഃഖങ്ങളില്ല അപ്പൊ സുഖദുഃഖങ്ങൾ വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ട് പരമാർത്ഥത്തെ നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധത്തോടു കൂടി എന്നുള്ള ഈശ്വര ഭാവനയോടുകൂടി ശ്രീജി പറയുന്നത് എന്താണ് നിങ്ങൾ എന്ത് സാധനം വേണോ അനുഷ്ഠിച്ചോളൂ അമ്പലത്തിൽ പോകാം മണിയടിക്കാം പൂജിക്കാം നിഷ്കാമകർമ്മം അനുഷ്ഠിക്കാം ജപിക്കാം പ്രാർത്ഥിക്കാം ഉപാസിക്കാം ഈശ്വരനെ ഉപാസിക്കാം ഗുരുവിനെ ഉപാസിക്കാം എല്ലാം ചെയ്യാം ഇതിനൊന്നിനും അദ്വൈതം എഴുതിട്ടല്ല നേരത്തെ ചോദിച്ചല്ലോ അദ്വൈത ദർശനത്തിൽ ഗുരു കൃപയ്ക്ക് പ്രസക്തി ഉണ്ടോ അദ്വൈത ദർശനത്തിന് എല്ലാ വേണ്ടാധീനങ്ങൾക്കും പ്രസക്തിയുണ്ട് പിന്നെ അല്ലെ ഗുരു കൃപ എല്ലാ അദ്വൈതത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നന്മയും തിന്മയും തെറ്റും ശരിയും ധർമ്മവും അകർമ്മവും ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നു ഇതിന് ഇവിടെ ഇതിലേതിനാണ് പ്രസക്തി ഇല്ലാത്തതെന്നാലോചിക്കുന്നത് എല്ലാത്തിനും പ്രസക്തിയുണ്ട് അപ്പോൾ ഇതിന് ഇതിന്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാന അവലംബമായിട്ട് അദ്വൈത സിദ്ധാന്തത്തിന് സ്വീകരിച്ചിരിക്കുന്നത് ഗുരു തന്നെ ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ എന്ന് പറയുന്നില്ല അപ്പൊ ഗുരു കൃപ തന്നെ അവിടെ മുഖ്യം പക്ഷേ അങ്ങനെ പറയുമ്പോഴും അദ്വൈതത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഇതാണ് അദ്വൈതം പറയുന്ന ഇതാണ് ഈ പറയുന്ന സർവാത്മ ഭാവന അദ്വൈത ബോധം ഈ സാധകനും ഉണ്ടായിരിക്കണം എന്നാണ് ഈശ്വരനെ ഭജിക്കണമൊരിക്കലും അന്യനായി ഭജിക്കരുത് ചോദിക്കും അന്യനല്ലെങ്കിൽ പിന്നെ ഭജനത്തിന്റെ ആവശ്യം എന്തുകൊണ്ട് വരുന്നു അതിന്റെ ഉത്തരവ് അവനവന്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഇത് ഭാവനയിലേ ഉള്ളൂ അനുഭവത്തിലല്ല അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ വിസ്മരിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇതാണ് ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അറിയാം പക്ഷെ എല്ലാം മറന്നു പോകുന്നു ഇതല്ലേ വാസ്തവം പരമാർത്ഥത നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യവും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ പക്ഷേ ഈ ഓരോ കാര്യവും നമ്മൾ നിരന്തരം മറക്കുന്ന കാര്യമാണെന്നുള്ള വ്യത്യാസം വിസ്മൃതി അതാണ് ഇവിടുത്തെ പ്രശ്നം അതാണ് ശ്രുതി വീണ്ടും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് വിസ്മൃ വീണ്ടും അതിനെ സ്മരണ മണ്ഡലത്തിലേക്ക് കൊണ്ടു വീണ്ടും അതുകൊണ്ടാണ് ശ്രുതി പറയുന്നത് എന്താണ് ഈശാവാസ്യം ഇതാണ് ആത്മഭാവന അതിനെ ഉറപ്പിക്കാൻ പറയുന്നത് ആത്മഭാവനയെ ഉറപ്പിച്ചുകൊണ്ട് മറ്റ് സാധനമാർഗ്ഗങ്ങളിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധനമാർഗ്ഗങ്ങളിൽ സത്യം എന്തെന്ന് മനസ്സിലാക്കിയാലും വീണ്ടും എന്തുകൊണ്ടാണ് അവനെ വിഭിന്നങ്ങളായ പല സാധനമാർഗങ്ങളും അദ്വൈതത്തിന് വിരുദ്ധമാണ് എന്തുകൊണ്ട് അതിലേക്ക് നയിക്കുന്നു അത് ശ്രുതി തന്നെ അത് ചെയ്യുന്നു ശ്രുതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു ജ്ഞാനും ഉപാസനം ജ്ഞാന കണ്ടത്തെ തന്നെ ഉപാസനയും വരുന്നു പലതരത്തിലും ഉപാസനകൾ വീണ്ടും തത്വജ്ഞാനത്തെക്കുറിച്ചും പറയുന്നു ഇത് ഇങ്ങനെ ഒരു കൂട്ടിക്കലർത്തിയാണ് പറയുന്നത് എന്തുകൊണ്ട് കണ്ണജീവന്മാർ പല വാസനയോടുകൂടിയിരിക്കുന്നു ആ വാസനയ്ക്കനുസരിച്ച് സത്യം മനസ്സിലാക്കിയാനും അവന്റെ അന്ധക്കണ്ണ ശ്രദ്ധിക്കും അന്ധക്കണ്ണത്തിന്റെ ഏകാഗ്രതയ്ക്കും അവന് ഉപാസന മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അവന് സ്വീകരിക്കാൻ നിർബന്ധിതനായിത്തീരുന്നു തത്വബോധമുണ്ടായാലും തത്വവിസ്മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കൂടിയേ തീരുന്നു ഇവിടെ ഗുരുവില്ലാതെ കാര്യം നടക്കുന്നില്ല ഗുരു കൃപയില്ലാതെ അവന് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കാൻ കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒന്നിനെയും തന്നെ നിഷേധിക്കുന്നില്ല അദ്വൈതത്തിന്റെ പേരിൽ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്വൈതം മനസ്സിലാക്കാതെ നിഷേധിക്കുന്നതായിരിക്കും പാരമാർത്ഥികമായ തലത്തിൽ സർവത്തെയും നിഷേധിക്കുന്നു അങ്ങനെ നിഷേധിക്കുമ്പോഴും അങ്ങനെ നിഷേധിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ നിഷേധങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നർത്ഥം രണ്ടു തന്നെയും നിഷേധമാണ് പാരമാർത്ഥികമായി നിഷേധിക്കുന്നിടത്തോടി പിന്നെ നിഷേധത്തിന് അവിടെ പ്രസക്തി ഇല്ലാതെ വരികയാണ് പിന്നെ ഇവിടെ നിഷേധം നിലനിൽക്കും രണ്ടുള്ളിടത്തല്ലേ ഉള്ളു അതുകൊണ്ട് അദ്വൈതമൊന്നിനും വിരോധം നിൽക്കുന്ന ഒന്നല്ല ഇതെല്ലാം ആവശ്യം തന്നെയാണ് അത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതും വിശദമാക്കിയിട്ടുള്ളതാണ് എല്ലാ സാധനമാർഗ്ഗങ്ങളും ഒരു വ്യക്തിയിലല്ലെങ്കിൽ വേറൊരു വ്യക്തിയിലത് സാർത്ഥകമാകുന്നു അത് അദ്വൈതത്തിന് അതുമായിട്ട് നമ്മൾ വിരോധം കൽപ്പിക്കുന്നു മറിച്ച് ഈ അദ്വൈത ഭാവന എല്ലാ സാധനമാർഗങ്ങൾക്കും സഹായകമായിരിക്കും സർവ സാധനമാർഗങ്ങൾക്കും ഇത് സഹായകമാണ് ആത്മാവിന്റെ സ്വരൂപത്തെ ഇവിടെ ബോധിപ്പിച്ചിട്ട് നേരത്തെ പറഞ്ഞെന്താണ് സ്വേന രൂപീണ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അതിനെ ഇവിടെ ബോധിപ്പിച്ചു അതായത് സമഷ്ടി പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെയും ബഷ്ടി ശരീരത്തിന് ആധാരമായിരിക്കുന്ന ചൈതന്യത്തെയും ആ ശരീരവിലക്ഷണമായിട്ട് ഇവിടെ ബോധിപ്പിച്ചു ഏകമായിട്ട് അതിനെ ബോധിപ്പിച്ചു അതാണ് എന്നിട്ട് പിന്നെ അതിൽ വരുന്ന സംശയങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അടുത്ത ഭാഗം വരുന്നത് അത് നമ്മൾ തുടർന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും